അവരുടെ സമ്പത്തിൽ നിന്ന് നീ സതക്ക സ്വീകരിക്കുക അതുവഴി നീ അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക നീ അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തിയായിരിക്കും അള്ളാഹുസുബാനഹുവ ആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്